മനുഷ്യരിൽ ചിലരുണ്ട് അവർ അള്ളാഹുസുബഹാനഹൂവ താരയെ ഒരു അരികിൽ നിന്നുകൊണ്ട് അസ്ഥിരമായി ആരാധിക്കുന്നു അവർക്കു വല്ല ഗുണവും ലഭിച്ചാൽ അവർ തൃപ്തരാകും എന്നാൽ അവർക്കു വല്ല പരീക്ഷണവും നേരിട്ടാൽ അവർ തലതിരിഞ്ഞുപോകും അങ്ങനെ അവൻ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തി അതാണ് വ്യക്തമായ നഷ്ടം